തന്റെ നിലവിടാതെ കർമ്മം ചെയ്യുന്ന യോഗികൾ വളരെ അപൂർവമാണ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ വാസന വരും അതിൽ ആഗ്രഹം വരും അതിൽ സ്വാർത്ഥത വരും അത് നമ്മളെ പെടുത്തും അതുകൊണ്ടാണ് ഋഷികൾ പറഞ്ഞത് നിനക്ക് വിധിച്ചത് നീ ചെയ്താൽ മതി നീ എന്തെങ്കിലുമൊക്കെ ആളാവാൻ വേണ്ടി ചെയ്യാൻ പുറപ്പെട്ട കുഴിയിൽ വീണും പോകും നിനക്ക് വിധിച്ചത് എന്താണോ ഗുരു ശാസ്ത്രമോ സമ്പ്രദായമോ എന്ത് വിധിച്ചിരിക്കണോ ആ നിയത കർമ്മത്തിനെ നിഷ്കാമ്യമായി നിസ്സംഗമായി ഭഗവതർപ്പണമായിട്ട് ചെയ്യാം നിനക്ക് വിധിക്കാത്ത കർമ്മത്തിനെ നീ എടുത്തിട്ട് നിഷ്കാമ്യമായിട്ട് ചെയ്യാൻ ഒക്കില്ല കാരണം അത് എടുക്കുക ഒരു കാര്യമുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാമനയാണ് പുതിയതായിട്ട് ആരംഭം എന്നു പേരതിന് സർവാരംഭപരിത്യാഗി എന്ന് ഭഗവാൻ പറഞ്ഞു പുതിയതായിട്ട് ഒരു കർമ്മം എടുത്ത് വലിയ വിപുലമായൊരു കാര്യമൊക്കെ എടുത്തിട്ട് തലയിലിട്ടിട്ട് അതിനെ നിസ്സംഗമായി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നമുക്ക് വിപുല കർമ്മം ചെയ്യാൻ നമ്മളുടെ നീതി ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് വേണ്ട പറ്റില്ല ഈശ്വരൻ നമ്മളെ അതിൽ കൊണ്ടു ഗാന്ധിജി പറയണ്ട് ഈ ഫ്രീഡം മൂവ്മെന്റ് ആരോ ചോദിക്കണ്ട് ഗാന്ധിജിയോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതകാലത്തിൽ സ്വാതന്ത്ര്യം നിങ്ങൾ കാണുമെന്ന് തോന്നുന്നുണ്ടോ ഗാന്ധിജി പറഞ്ഞു ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ടിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്റെ നിയത്തി ഞാൻ ഇങ്ങനെയൊന്നും ആശിച്ചിട്ടില്ല ഇതിനു വേണ്ടി പക്ഷെ എന്നെ പിടിച്ച് അതിന്റെ നടുക്കുകൊണ്ട് ഇടുക ചെയ്തത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കാണുന്നു എന്റെ ധർമ്മം എന്റെ സാധന എന്ന് പറയുന്നത് ഈ പ്രവൃത്തി ചെയ്യലാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അതിന് റിസൾട്ട് ഇത് ചെയ്യുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യമാവോ അതൊന്നും എനിക്കറിയില്ല ഈശ്വരൻ ഇതെന്റെ തലയിൽ ഇട്ടിരിക്കണോ ഞാൻ ചെയ്യണോ അതോടെ കഴിഞ്ഞു ഇതാണ് നിയത്ത കർമ്മം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവ് തന്നെ യോഗമാണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ത് ചെറിയ കാര്യം അവരവർക്ക് വിധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കും നമ്മുടെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് നാരായണത്ത് പറഞ്ഞു കണ്ടുപിടിച്ചു ഒരു കല്ലുരുട്ടുക മലയുടെ മേലെ കൊണ്ടുപോവുക വൈകുന്നേരം ആവുമ്പോൾ തള്ളിച്ചോട്ടിലേക്ക് വിടുക എന്റെ വേറെ ഒന്നും ചെയ്യാനില്ല സ്വാമി രാമതീർത്ഥൻ ഒരു നദീതീരത്തില് സുഖമായിട്ട് കിടക്കുമോ കിടക്കുക ഒരാള് ചെന്ന് പറഞ്ഞു വൈ ഡോണ്ട് യു ഡു ഗുഡ് ടു ദേൾഡ് മൈ ഡിയർ ഫ്രണ്ട് ഈസ് ഇൻ നോട്ട് ദാറ്റ് ഓൾറെഡി ഓവർ ക്രൗഡഡ് ലോകത്തിന് നന്മ ചെയ്തുകൂടെ ചോദിച്ചപ്പോ അതിപ്പോ തന്നെ തിരക്കിയിട്ട് നിൽക്കാൻ സ്ഥലമില്ല ലോകം നന്നാക്കാൻ പുറപ്പെടുന്ന ആളൊക്കെ ഉണ്ട് അല്ലേ വെളുപ്പിച്ച് വെളുപ്പിച്ച് വെളുപ്പിച്ച് പാണ്ടാക്കിയിരിക്കണോ നമ്മള് അവർക്ക് ചെയ്യാനില്ല അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ അർജൻ ഒന്നും വരുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ചെയ്യാൻ എന്തുണ്ടോ അതേ ഉള്ളൂ ചിലർക്കൊരു പെട്ടിക്കട വെച്ച് ജീവിക്കാനുള്ളതേ ഉള്ളൂ അവരുടെ നിയ അത് വലിയ ഒരു വിപുല കർമ്മത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല ഈശ്വരന്റെ ദൃഷ്ടിയില് വ്യത്യാസമൊന്നുമില്ല ഒരു ഉറുമ്പ് ചെയ്യുന്ന കർമ്മം ഒരു വലിയ ഗാന്ധിജി ചെയ് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല ഭഗവാന്റെ ദൃഷ്ടിയില്ല നമ്മൾക്കാണ് ഇതൊരു വലിയ ആളാണ് ഇതൊരു ചെറിയ ആളാണ് തോന്നണത്തെ ഒരു അടുക്കളയിൽ പണിയെടുത്ത് രാവിലെ എണീറ്റ് ഇഡലിയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ശാപ്പാടൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്ന കർമ്മമോ ഒന്നും കുഴപ്പമില്ല വലിയ വേദാന്തി ആയിരുന്നു ജി ബാലശ്വർ എന്നാർ അദ്ദേഹം ഒരിക്കലും വിജ്ഞാന പ്രഭാഷണം ഗംഭീരമായിട്ട് വേദാന്തമൊക്കെ പറഞ്ഞിട്ടപ്പം ഈ ബോധം മാത്രമേ ഉള്ളൂ ഏകമേ വാദ്വിതീയം ഇത് നല്ലവണ്ണം നിശ്ചയിക്കണം ഇതിന്ന് ചലിച്ചു പോവരുത് എന്നൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് നോക്കിയപ്പോ കുറെ സ്ത്രീകളൊക്കെ ഇരിക്കണ്ടു ഇത് നല്ലവണ്ണം അറിഞ്ഞിട്ടേ വലിയ ആളാവാൻ ഒന്നും പോണ്ട ഇഡിലിയും കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൗഖ്യമായിട്ട് ഇരുന്നോളാ വലിയ ആളാവാനൊന്നും പോണ്ട എനിക്ക് തോന്നി അത് വലിയ ഉപദേശമാണ് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ പോയാൽ വലിയ ആളാവാൻ എന്താ വഴി എന്ന് ഈ വലിയ ആളായാൽ അപകടാണ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ത് സ്വാതന്ത്ര്യുള്ളത് ഈ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾക്ക് അല്ലെ ഓൾട്ടെയർ എന്ന് പറയുന്ന വലിയ റൈറ്റർ അദ്ദേഹത്തിന് വസ്ത്രത്തോടെ റെയിൽവേ സ്റ്റേഷൻ പോകാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ആ നാട്ടിലൊരു വിശ്വാസം പ്രസിദ്ധരായിട്ടുള്ളവരുടെ ഒരു തുണ്ടു തുണി കിട്ടിയ ഭാഗ്യമാണെന്നാണ് പിന്നെ തുണ്ടു തുണി എടുത്തു പോവാൻ പറ്റുമോ എന്ത് സ്വാതന്ത്ര്യമാ ഉള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പ്രസിദ്ധി ഫെയിമിന് പറയണ ഉള്ള ആഗ്രഹം അത് വളരെ ചീപ്പാണ് ശാന്തി ഏകാന്തയിലാണ് സരളതയിലാണ് സുഖമായിട്ടിരിക്കുക നമുക്ക് തന്നിട്ടുള്ള സ്ഥലത്താണ് നമ്മളുടെ എന്താ പറയാ ജീവൻ മുക്തി നിർവണ പദം നമ്മളെവിടെ വെച്ചിരിക്കണോ അവിടെ ഏത് പ്രശ്നങ്ങളുണ്ടോ അതിന്റെ നടുവിൽ ഭാഗവതത്തിലെ വൃത്രൻ എന്ന് പറയുന്ന അസുരൻ ജ്ഞാനിയാണ് അയാളുടെ അയാള് ഇന്ദ്രന്റെ മുമ്പിൽ നേരക്കു നേരെ നിന്നുകൊണ്ടാണ് പറയണത് എന്റെ തലയിലെഴുത്ത് ഞാനിത് അസുരനായിട്ടിരിക്കണു യുദ്ധഭൂമിയിൽ നിൽക്കേണ്ട തലയിലെഴുത്താണ് നീ വേഗം വെട്ടിത്തൊലക്കി ശരീരം ആര് കണ്ടു ഓരോരുത്തരുടെ പ്രാരംഭം എങ്ങനെയുണ്ടാവും എവിടെ കിടക്കണോ അതിന്റെ നടുവിൽ യു ക്യാൻ ബി ഹോൾഡ് ഇൻഫിനിറ്റ് പെർഫെക്റ്റ് ഹോൾഡ് പൂർണ്ണമായിട്ടിരിക്കാം പൂർണ്ണത്വം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒക്കെ പെർഫെക്റ്റ് ആക്കി ഒരു ഐഡിയലിസ്റ്റിക് െ തെരഞ്ഞെടുക്കാൻ ആർക്കെ സാധ്യമല്ല അവനവന്റെ ധർമ്മം എന്താണെന്ന് അറിയ അതിനകത്തേക്ക് വീട് കൊടുക്കുക അതോടെ കഴിഞ്ഞു അതിൽ സ്വാർത്ഥത അഭിമാനം വിട്ട് ഭഗവതർപ്പണം ചെയ്താൽ ചിത്രം ശുദ്ധമാവും ശുദ്ധമായ ചിത്രത്തില് ആത്മജ്ഞാനം ഉദിക്കും തന്റെ സ്വരൂപം എന്താണെന്ന് അറിയാൻ കഴിയും അപ്പൊ കർമ്മത്തിനെ അത് ആ രഹസ്യം അറിഞ്ഞ യോഗികൾ എങ്ങനെയാ ചെയ്യണത് അതാണ് അടുത്ത ശ്ലോകം കാര്യമിത്യേവർ അർജുന ഫലം സത്യാഗസാത്വികോ മത അർജുന എനിക്ക് നോക്കൂ ജനിച്ച ശേഷം ഒരു നല്ല കർമ്മം കിട്ടിയിട്ടേ ഇല്ല കൃഷ്ണൻ പറയുകയാണ് ജനിച്ച ദിവസം മുതൽ എന്റെ പണി എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ കൊല്ലാൻ വരും ഇതൊക്കെയാണ് എന്റെ തലയിലെഴുത്ത് അവസാനം കംസൻ ഒരു അമ്മാവനാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു നിവൃത്തിയില്ല എത്രയോ ഉപേക്ഷിച്ചു നോക്കി ഒരു വഴിയും കണ്ടില്ല പ്രയാഗത്തിൽ അവസാനം പോകുന്നവരക്കും ഭഗവാന്റെ ലൈഫിൽ വിശ്രാന്തി എന്ന് പറയുന്ന ഇല്ല ശങ്കരാചാര്യരോടടുത്ത് പറയുന്നത് നമ്മൾ വിചാരിക്കണു അകർമ്മം എന്നാണ് ശങ്കരാചാര്യരുടെ വാദം അപ്പൊ ആളുകൾ പറയുന്നത് കർമ്മം ഉപേക്ഷിക്കലാണ് ശങ്കരന്റെ സിദ്ധാന്തം എന്ന് തിലകനൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷേ ശങ്കരാചാര്യരോടത്ത് പറയണു കായക്ലേശത്തിനെ ഭയന്നുകൊണ്ട് അഥവാ കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നവൻ ക്ഷുദ്ര ശരീരത്തിന്റെ ധർമ്മത്തിന് ആത്മാവിൽ ആരോപിക്കുകയാണ് അവൻ ചെയ്യണത് വിശ്രമത്തിനുള്ള ആഗ്രഹം ഒരു ബന്ധമാണ് ഫിസിക്കലായിട്ട് റെസ്റ്റ് വേണം പക്ഷേ ആ റെസ്റ്റ് ഫുള്ളായിട്ട് ഇരിക്കണം അത് ഒരു ബന്ധമാണ് വിശ്രമം ആത്മാവിലാണ് സ്വരൂപത്തിലാണ് ചിലർക്ക് ഭഗവാൻ ആയിട്ട് പുറമേക്കും വിശ്രമം കൊടുക്കും മുഴുവൻ റിലീസ് ചെയ്തുകളെ ധർമ്മത്തിൽ അല്ലാതെ നമ്മളുടെ സ്വധർമ്മത്തിന് വിട്ടിട്ടൊരു വിശ്രമം നമുക്ക് വേണ്ട വിശ്രമം ആത്മാവിലാണ് സ്വരൂപത്തിലാണ് ആ സ്വരൂപത്തിലുള്ള വിശ്രമത്തിൽ ഇരുന്നും അയാൾക്കുള്ള ധർമ്മം ആ ധർമ്മത്തിനെ എങ്ങനെയാ ചെയ്യുന്നത് കാര്യമിത്യവേ ഇതെനിക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ നിയതം ക്രിയത്തെ അർജുന അത് അവരുടെ ജീവിതത്തിൽ വീണ് കിട്ടിയിട്ടുള്ളതാണ് അവരന്വേഷിച്ചു പോയതല്ല കാഞ്ചി പരമാചാര്യർ നൂറു വയസ്സ് വരെ ഇരുന്നല്ലോ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ഞാൻ ഒരിക്കലും സന്യാസി ആവണമൊന്നും വിചാരിച്ചിട്ടേ അദ്ദേഹത്തിന്റെ ഒരു കസിൻ ഒരു ബന്ധുവിനെ സന്യാസിയാക്കി മഠത്തില് ഈ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഈ പയ്യനും അവരുടെ അമ്മയും കൂടെ ആ അദ്ദേഹത്തിന്റെ കസിന്റെ അമ്മ അതായത് ചെറിയമ്മയോ വലിയമ്മയോ അവരെ ചെന്ന് ആശ്വസിപ്പിക്കാൻ പോയിരിക്കുക എന്താന്ന് വെച്ചാൽ മകനെ സന്യാസിയാക്കിയല്ലോ എന്ന് അവിടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വണ്ടി മുമ്പിൽ വന്നു വന്നു ഒരു കാളവണ്ടി അവര് വിളിച്ചു ഇപ്പോഴത്തെ ആചാര്യര് സ്വാമിനാഥനെ വിളിക്കണമെന്ന് വണ്ടിയിൽ കയറി പോകുമ്പോ പോകുന്ന വഴിയിൽ വണ്ടിയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാണ് ഇപ്പോ നമ്മള് പട്ടാഭിഷേകം ചെയ്തിരിക്കുന്ന സ്വാമികൾക്ക് പ്ലേഗ് വന്നിരിക്കുകയാണ് അദ്ദേഹം ശരീരം അദ്ദേഹത്തിന്റെ അധിക നേരം അതുകൊണ്ട് നിങ്ങളാണ് ഇനി അടുത്ത ആളെന്ന് ആശ്വസിപ്പിക്കാൻ പോയ ആളാണ് പാച സ്വാമികൾ പറയേണ്ട പിന്നാലെ അതങ്ങട് സ്വീകരിച്ചു ഉള്ളൂ അതങ്ങട് ഈശ്വര നിയത്തി സ്വീകരിച്ചു രാമാ രാമാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സ്വീകരിച്ചിട്ട് ആ ജീവിതം എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ പെർഫെക്റ്റ് ആക്കി തന്റെ ധർമ്മത്തിനെ ആ ആ പരമ്പരയിൽ തന്നെ ഇങ്ങനെ ഒരു സ്വാമികൾ ഇല്ല എന്നുള്ള പോലെ ഇന്നിപ്പോ പറയുന്ന രീതിയിലായി അല്ലേ അതിന് അദ്ദേഹം ആശിച്ചുപോയത് പോലും അല്ല നമ്മൾ വിചാരിക്കണത് ഇതൊക്കെ ഒരു ഐഡിയൽ വെച്ച് അതിൽ ഫാസിനേറ്റഡ് ആയി അതിൽ ഡിസയർ വെച്ച് കൊണ്ട് പോയി നേടിയെടുക്കണമെന്നാണ് അങ്ങനെയൊന്നും ഇല്ല അവരെന്ത് ചെയ്തു വെച്ചാൽ അവർക്ക് എന്താണോ വീണ് കിട്ടിയത് അതിലേക്ക് അങ്ങോട്ട് ഫിറ്റായി ആ ജോലിയിലേക്ക് ഞങ്ങൾ ചേർന്നു ജ്ഞാനികൾ ഒരു മഠാധിപതിയായിട്ട് ഇതിന് ഇരിക്കണമെന്നില്ല ബോംബെയില് ഒരു വളരെ മോശമായ ഒരു തെരുവില് ഒരു ജ്ഞാനിണ്ടായിരുന്നു നിസർഗത്ത മഹാരാജ് അദ്ദേഹത്തിന്റെ ജോലി കേട്ടാൽ നമുക്ക് ചിരി തോന്നും അദ്ദേഹം വീടിതെരക്കുന്ന ആളായിരുന്നു വീടിതെരച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഗുരു ഉപദേശിച്ചു സിദ്ധരാമേശ്വരം എന്ന് പറഞ്ഞ് നാഥപന്ത ഒരു ഗുരു മഹാവാക്യം ഉപദേശിച്ചു മഹാവാക്യം ഉപദേശിച്ച ക്ഷണത്തിൽ ജ്ഞാനമാണ് നിസർഗദത്ത മഹാരാജനടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു അങ്ങക്ക് എങ്ങനെയാണ് ജ്ഞാനം വന്നത് എനിക്ക് എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം ഞാൻ ഗുരുവിനെ പൂർണ്ണമായും വിശ്വസിച്ചു എന്റെ ഗുരു പറഞ്ഞു നീ ബ്രഹ്മമാണ് കഴിഞ്ഞു അത്രേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഇട്ടു കേട്ട് കഴിഞ്ഞു എന്നിട്ട് അദ്ദേഹം എല്ല ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് പുറപ്പെട്ടു അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗുരുഭായ് വഴിയിൽ വന്നിട്ട് പറഞ്ഞു എവിടേക്കാ പോണെന്ന് ചോദിച്ചു അല്ല ഞാൻ പരിപ്രരാജകനായിട്ട് പോവാണ് ഈ വേണ്ടാത്ത കാര്യൊന്നും ചെയ്യേണ്ട വെറുതെ സമയം മുഴുവൻ ഇതിലൊക്കെ പോകും സുഖമായിട്ട് പോയിട്ട് എന്താ ജോലി ഉള്ളതെന്ന് അത് ചെയ്തിട്ട് കിട്ടുന്ന സമയം ഗുരു പറഞ്ഞ പോലെ ഇരിക്കുക തിരിച്ചു ആ വീടിക്കട തന്നെ തുറന്നു എന്താന്ന് വെച്ചാൽ കർമ്മം നല്ലതാണോ ചീത്തയാണോന്ന് നോക്കാൻ പോയില്ല ശരീര നിർവഹണം അത്രയേ ഉള്ളൂ അത് വീണ് കിട്ടിയിരിക്കണം നമ്മൾ ആ വഴിയിൽ വന്നിരിക്കണം അത് ചെയ്തു നിസർഗദത്ത മഹാരാജന്റെ അടുത്ത് പിന്നീട് ആരോ ചോദിക്കുമ്പോൾ കർമ്മത്തിന്റെ നല്ലത് ചീത്തയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാം ഞാൻ അധികാരിയേ കാരണം ഞാൻ ഉണ്ടാക്കിയ സാധനം എല്ലാവർക്കും സൂക്കട് ഉണ്ടാക്കണതാ മുനിസിപ്പാലിറ്റിയുടെ ടോയ്ലറ്റാണ് എന്റെ വീട്ടിന് മുമ്പിൽ അവരെനിക്കും ദ്രോഹം ചെയ്യണു രണ്ടും പരസ്പരം ഈ വിഷമത്തിന്റെ നടുവിൽ ഞാൻ ഇരിക്കുന്നു പക്ഷേ ഇതൊന്നും എന്നെ തുടങ്ങില്ല എന്റെ ഗുരുനാഥൻ പറഞ്ഞു ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ഞാൻ അതെടുത്തു ഞാൻ എന്നുള്ള അനുഭവത്തില് ഇരിക്കൂ എന്ന് പറഞ്ഞു കിട്ടുന്ന സമയമൊക്കെ ഞാൻ ഏകാന്തമായിട്ട് എന്നെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്റെ സ്വരൂപത്തിൽ തന്നെ ലഗ്നായിട്ടിരുന്നു കുറച്ചു കാലത്തിനുള്ളിൽ ദൃഢമായ സ്വരൂപനിഷ്ഠ ഉണ്ടായി ആത്മാനുഭവം ഉണ്ടായി അപ്പൊ അവർ കർമ്മം ചെയ്തത് എങ്ങനെയാ കാര്യമിത്യവയത് കർമ്മം അവർക്ക് വീട് കിട്ടിയ കർമ്മത്തിന് ഇത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ചെയ്തു നോട്ട് ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ് ബട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ് അത്രയുള്ളൂ പ്രകൃതിയില് ഇന്നത്തെ ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മം അങ്ങനെയൊന്നുമില്ല ധർമ്മമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ ചെയ്യേണ്ടത് ചെയ്യണു അല്ലാതെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യണത് ധർമാവില്ല ഒരാളോട് വളരെ ഇഷ്ടം തോന്നി നമ്മൾ ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഉപദ്രവിച്ചു കളയും അല്ലേ ഷുഗർ പേഷ്യൻ്റാണ് വീട്ടിൽ വന്നാൽ പായസമുണ്ട് അയ്യോ എനിക്ക് കഴിക്കാൻ പാടില്ല സ്നേഹമുണ്ട് തരണതല്ലേ കഴിച്ചോളൂ ഇഷ്ടമാണ് പ്രിയം ലിത്തൗട്ട് ഇന്റലിജൻസ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ ഹൈഡ്രേഡ് അല്ലെ പലപ്പോഴും അച്ഛനമ്മമാർക്കൊന്നും അറിയില്ലല്ലോ കുട്ടിക്ക് എന്താ ഹിതമൊന്നും അറിയില്ല അവർക്ക് ഹിതം എന്ന് വിചാരിക്കുന്നത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും തിന്നാൻ പറയും അവര് നല്ലതെന്ന് വിചാരിക്കുന്നത് ചെയ്യാൻ പറയും കുട്ടി നാമം ജപിക്കാൻ കഴിയുന്ന ഈ വയസ്സിൽ ഇതോ കൊഴുന്നേറ്റുപോടാന്ന് പറയും ഒരു സ്വാമി ഉണ്ടായിരുന്നു സ്വാമി പറയും ഒരമ്മ കുട്ടിക്ക് ഊണ് കൊടുക്ക അപ്പൊ സ്വാമി ഇങ്ങനെ തെരുവിൽ പോവാണ് സിദ്ധിനാഥാണ് സ്വാമിയാണ് പറഞ്ഞത് തെരുവിൽ പോകുമ്പോ അമ്മ ആ കുട്ടിക്ക് ഊണ് കൊടുത്തിട്ട് പറയാ കരയാ കുട്ടി അപ്പൊ പറയാ അത് കരഞ്ഞാല് ഞാൻ പിടിച്ചു പൂച്ചാണ്ടിക്ക് കൊടുക്കും സ്വാമിയാണ് പൂച്ചാണ്ടി പൂച്ചാണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വാക്ക എന്താണെന്നു വച്ചാൽ ജൈനന്മാര് ശിവഭക്തന്മാരെ കളിയാക്കി വിളിച്ച പേരാത് പൂശ എന്ന് വെച്ച ഭസ്മം ധരിക്ക ഭരിച്ച് നടക്കുന്ന ആണ്ടിയാണത് അത് നമ്മൾ ഭൂതമാണെന്ന് ധരിച്ചു പൂശി നടക്കുന്ന ആണ്ടികൾ ആണ്ടി എന്ന് വെച്ച സ്വാമി എന്നർത്ഥം സ്വയം നിയമനം ചെയ്യുന്നവൻ എന്ന അർത്ഥം ഇപ്പോ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യണം അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടല്ല കാര്യമിത്യേവത് കർമ്മ അതും എന്തെങ്കിലും ഒരു കർമ്മ അല്ല നിയതം ഇതിലാണ് സീക്രട്ട് ഇരിക്കുന്നത് നിയത് നിങ്ങളുടെ സിസ്റ്റത്തില് ഇൻബിൽട്ടായിട്ട് ഇരിക്കണതാണത് നിയതം ക്രിയത്തെ അർജുന അത് എങ്ങനെ ചെയ്യണു സംഘം തെക്ക് വ അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഫലം ചെയ്വ് ഫലത്തിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ത്യാഗ സാത്വികോമത അത് ത്യാഗമാണ് അത് സാത്വികമായ ത്യാഗമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് നല്ല കർമ്മം ചീത്ത കർമ്മം ഇതെനിക്ക് സുഖമായ കർമ്മം ഇതെനിക്ക് നല്ലതല്ലാത്ത കർമ്മം ഇങ്ങനത്തെ വിചാരമൊന്നുമില്ല അന്തർയാമി പറയുന്നതാണ് കർമ്മം അവസാനത്തെ വാക്ക് അതാണ് ഗീതയുടെ അവസാനത്തെ വാക്ക് ഉള്ളിലുള്ള ആള് ഷൂട്ട് പറഞ്ഞ ഷൂട്ടൻ അന്തര്യാമി പറയുന്നതാണ് കർമ്മം രാമൻ രാമായണത്തില് ബാലിയെ വധം ചെയ്തിട്ട് ബാലി ഒരു അധ്യായം മുഴുവൻ രാമനെ ചീത്തു വിളിക്കേണ്ടത് അതിൽ നിന്നാണ് നമ്മുടെ നാട്ടുകാർക്ക് ഈ വിവാദത്തിന് വിഷയമൊക്കെ കിട്ടണത് അല്ലേ തമിഴ്നാട്ടിലുണ്ട് പട്ടിമന്ത്രം പട്ടിമന്ത്രം അങ്ങോട്ട് ഇങ്ങോട്ട് വാദിക്കും അത് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കറക്റ്റായിട്ടിരിക്കും ശരിക്കും പട്ടിമന്ത്രം ആയ കുറയ്ക്കുന്ന പോലെ എങ്ങോട്ടിങ്ങോട്ട് കുറച്ചോട്ടിരിക്കും പറഞ്ഞിട്ട് രാമൻ ഒരൊറ്റ ഉത്തരമേ കൊടുക്കണുള്ളൂ എന്റെ ഉള്ളിലുള്ള അന്തർയാമിക്ക് അറിയാം I don't need any other outer authority. Sukshma അതർ sadam dharma സൂക്ഷ്മ പരമദുജ്ഞേയ സദാം ധർമ്മപ്ലബംഗമ ഹൃദയസ്ഥ സർവഭൂതാനാം ആത്മാവേദ ശുഭാശുഭം ഉള്ളിലുള്ള അന്തർയാമി എന്ത് പറയണോ അതാണ് അളവ് അത് തെറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ആ കോൺഷ്യൻസ് എന്ന് പറയണതേവതാണ് അതിനെ ആരാധിച്ച് എങ്ങനെ ആരാധിക്കണോ അതിനനുസരിച്ച് അത് തരും പക്ഷെ അതാണ് പലപ്പോഴും അതിൻ്റെ മേലെ സമാധി കെട്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനെ അങ്ങനെ മൂടിക്കളയും ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒരു ഗുരു പുറത്തു വന്ന് ഉപദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉള്ളിലുള്ള അന്തർയാമി പറഞ്ഞത് കേൾക്കാൻ കഴിയാത്തത് ഗുരു ഉപദേശം സാക്ഷാത്കരിച്ച ശേഷം ശിഷ്യൻ പറയണു അയ്യോ ഈ ഉപദേശമാണല്ലോ എത്രയോ ജന്മമായിട്ട് എന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കേട്ടില്ല അയ്യനെ അനന്ത ജന്മങ്ങൾ ആണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവന്ത ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്യൂർ ഉദവി നായേൻമാറൂട്രും കാണേൻ തിരുവടി പോറ്റി പോറ്റി അനന്ത ജന്മങ്ങൾ എത്രയോ ജന്മങ്ങൾ എന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴൊന്നും ചെവി പുറത്തേക്കാണ് ഭാഗവതത്തിൽ പറഞ്ഞു നിയച്ച കന്നുനിയും ചച്ചിത്തെ ഈ ചെവി ഉള്ളിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു ഹൃദയത്തിലേക്ക് തിരിച്ചു വെക്കും ലേൺ ടു ലിസൺ ടു ദാറ്റ് പ്രിമോറിഡിയൽ ടീച്ചിങ് അലൗകികമായ ഭാഷ അല്ലെ അന്തര്യാമയുടെ ഭാഷ എന്ന് പറയുന്നത് അലൗകികമാണ് ശ്രുതി തന്നെ പറയുന്നത് സ്വപ്നത്തിൽ എന്തു ഭാഷയുണ്ടോ ആ ഭാഷ മനസ്സിലാക്കൂ എന്നാണ് സ്വപ്നത്തിലെന്ത് ഭാഷയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വപ്നത്തിലെ ഭാഷ എന്താ തമിഴാണോ മലയാളമാണോ ഇംഗ്ലീഷാണോ ശ്രുതി തന്നെ അത് പറയേണ്ടത് സ്വപ്നത്തിലുള്ള ഭാഷ എനിക്കിപ്പോ എവിടെയൊന്നും ഓർമ്മയില്ല എന്നെ വരേണ്ടത് സ്വപ്നത്തിൽ യാതൊരു ഭാഷയുണ്ടോ ആ ഭാഷ ആദ്യം മനസ്സിലാക്കുന്നു ഓൾമോസ്റ്റ് സിംബോളിക് ആണ് ഉള്ളിൽ നമ്മൾ സിംബിൾസ് എന്ന് പോലും പറയാൻ വയ്യ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ഫ്രം വിത്തിൻ അതിനേക്കാളും ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇസ് പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ പുറമേക്കുള്ള ഭാഷയിലേക്ക് വരുമ്പോഴാണ് ശകുനി പറയണത് മഹാഭാരതത്തിലെ ദുര്യോധനനെ മടയാ ഭാഷ എന്തിനാന്നറിയോ ഉള്ളിലുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശകുനി ദുര്യോധനനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭാഷ എന്തിനാന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ വിളിച്ചു പോകണമല്ലോ ആ അലൗകിക ഭാഷ മൗനം അത് അറിഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് പറഞ്ഞ് ഒരു നിയമനമാണ് ഇത് ചെയ്യൂന്ന് പറഞ്ഞാൽ അത് ചെയ്യും ലൈക് എ മെഷിൻ ഓപ്പറേറ്റഡ് ബൈ എൻ ഹയർ ഫോഴ്സ് അപ്പോ എങ്ങനെ പ്രവർത്തിക്കണു അയാളുടെ കർമ്മ നിരൂപണം എങ്ങനെയാണ് അതാണ് അടുത്ത ശ്ലോകം നദ്വേ അകുശലം കർമാ കുശലേനു ത്യാഗീസത്വസമാവിഷ്ടോ സംശയ ചിലെ കമ്പനിയിൽ ജോലി കിട്ടി കൊറച്ചു കഴിയുമ്പോ പറയും വല്ലാത്ത അണ്ട്രസ്റ്റ് ഒരുപാട് ആളുകൾ അങ്ങനെ കാണും അവർക്ക് ഒരു സമാധാനേ ഇല്ല എന്താന്ന് വെച്ചാൽ എന്റെ യോഗ്യതക്ക് ജോലി ഒന്നുമല്ല ഇപ്പൊ പല ആളുകളും അങ്ങനെയാ അവര് പഠിക്കണത് ജോലി ചെയ്യണത് ഒന്നിനും ഒരു സംബന്ധമേ എന്തോ പഠിക്കും എന്തോ ജോലി ചെയ്യും ഈ ജോലിക്ക് ഈ പഠിപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നാം ക്ലാസ് തോറ്റിട്ട് പോയാൽ മതി അതിന് പത്ത് പതിനഞ്ച് ഇരുപത് വർഷം പഠിച്ചു എന്നിട്ട് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അങ്ങനത്തെ പാർട്ടിയാ അയാൾ പറഞ്ഞു കൊടുക്കണ പോലെ ചെയ്യണം അപ്പോ തോന്നുകയാണ് യോഗ്യതയ്ക്കനുസരിച്ച് ജോലിയൊന്നുമില്ല എന്റെ യോഗ്യതയ്ക്കനുസരിച്ച് എനിക്ക് ജോലി കിട്ടണ്ടേ റെക്കഗ്നീഷൻ കിട്ടണ്ടേ എന്നൊക്കെയാണ് തോന്നണത് സത്വസമാവിഷ്ട ഭഗവാൻ പറഞ്ഞു സത്വഗുണം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ത്യാഗി സത്വസമാവിഷ്ട സത്വഗുണം എന്തു പറയുന്ന പുറമേ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ നോക്കുകയില്ല സമാധാന ഊണ് കിട്ടുന്ന ബ്രാഹ്മണാഹ ഭോജനപ്രിയ ബ്രാഹ്മണര് ഭോജനപ്രിയരാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ചാപ്പാട് കഴിഞ്ഞിട്ടും മതി എന്ത് അത് കളിയാക്കി പറയണതാവാം പക്ഷേ അത് സാത്വികത്തിന്റെ ലക്ഷണമാണ് വിശപ്പോട് കഴിഞ്ഞു അവരുടെ കാര്യം ഊണ് കഴിച്ചാൽ ഏനക്കേന ജിദാസന ഏനക്കേന ജിദാശിത എത്ര കൊച്ചന തം ദേവാഹ ബ്രാഹ്മണം വിദുഹു എന്തെങ്കിലും കിട്ടുന്ന വസ്ത്രം ധരിച്ചു എവിടെങ്കിലും ഭക്ഷണം കിട്ടിയോ കഴിച്ചു തലക്കി കയറിയു പണ്ടൊക്കെ എനിക്ക് അറിയ എന്റെ കുട്ടിക്കാലത്ത് പോലും അറിയാം പാലക്കാട് നിന്ന് പല്ലശ്ശേന വരെ നടക്കും ഒരു ഊണുണ്ട് കാലണ ദക്ഷിണയുണ്ട് നടക്കും രാമായണത്തില് രാമൻ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പുണ്ട് ഒരു ബ്രാഹ്മണൻ വരും ത്രിചട ബ്രാഹ്മണൻ നടക്കാനേ വയ്യ ഒട്ടിയ വയറും ഊണ് കഴിച്ചിട്ട് കുറെ കാലായി നല്ല തേജസ്വി ഒരു ദണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും രാമന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വരികയാണ് യാചകനായിട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പൊ രാമനൊരു തമാശ തോന്നി എന്താണെന്നുവെച്ചാൽ ആശ ഇത്ര ദൂരം നടന്നു വന്നിരിക്കണോ അപ്പൊ ഒന്ന് തമാശ കളിക്കാൻ വേണ്ടിയിട്ട് രാമൻ പറഞ്ഞു എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഒന്നുമില്ല പക്ഷെ പറഞ്ഞു അങ്ങടെ കയ്യിലൊരു ദണ്ടല്ലോ ഈ ദണ്ട് അങ്ങടെ എറിയ എത്ര ദൂരത്തേക്ക് പോകണോ അത്ര നേരത്തേക്ക് വരി പശുവിനെ നിർത്തി തരാന്നു എന്താ വെച്ചാൽ നടക്കാനേ ശക്തി ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഗ്രഹം വരുമ്പോ മനുഷ്യൻ എങ്ങനെ മാറും എന്നുള്ളതാണേ പശുവിനെ വരി വരിയായി നിർത്തി തരാൻ മോളിൽ ഒരു ഉത്തര ചെയ്യേണ്ടത് അതെടുത്ത് ഇടുപ്പിൽ വരിഞ്ഞു ഒരു കെട്ടുകെട്ടി കെട്ടിയിട്ട് ഈ ദണ്ടുരേറെ സരയൂ നദി കടന്ന് അപ്പുറത്ത് പോയി വിടുത്ത രാമൻ മൂക്കിലെ വിരലി വെച്ചു എന്നാണ് ഒന്നും നടക്കാൻ വയ്യാത്ത ആള് എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് പറയാണ് അങ്ങയുടെ വൈഭവം എനിക്ക് അറിഞ്ഞില്ല പശുവിനെ നിർത്തി കൊടുക്കാം അപ്പോ അത് പോട്ടെ ഇപ്പൊ വിഷയം എന്താന്ന് വെച്ചാൽ സത്വഗുണമുള്ള ആള് ആന്തരികമാണ് അയാളുടെ സക്സസ് ആന്തരികമാണ് അയാളുടെ സുഖം ഒരു കർമ്മം തന്നെ അതിന്റെ ഇഫക്റ്റാണ് അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടാനില്ല അത് തന്നെ സുഖം അത് തന്നെ ആനന്ദമാണ് അത് ഭക്തിയാണ് ഭക്തന്മാരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് മുക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല അവർ പറയും ഭക്തി തന്നെ ഇനി എന്ത് മുക്തി ഈ ഭക്തി തന്നെ മതി മുക്തിയൊന്നും നമുക്ക് വേണ്ടേ വേണ്ട എത്ര പുനർജന്മം എന്തു വേണമെങ്കിൽ വന്നോട്ടെന്താ ഭക്തി തന്നെ ഫലം എന്ന് പറയണം കർമ്മത്തിലും കർമ്മം ചെയ്യുമ്പോ കർമ്മം തന്നെ ഫലമാണ് എപ്പോ ഉള്ളിൽ നിറവുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം അറിയോ ചിലർക്ക് ചെയ്യുമ്പോഴേ ഒരു എന്ത് കർമ്മ ചെയ്യണം ഒന്നുമില്ല ശാപ്പാട് ഉണ്ടാക്കുമ്പോ അടുക്കളയിൽ പണിയെടുക്കുമ്പോ തന്നെ അത് ഒരു സന്തോഷം ചിലർക്കുണ്ട് അവർക്ക് അതിൽ തൃപ്തിയേ ഇല്ല എന്നാ വെളിയിൽ വരാനും പറ്റില്ല ഞങ്ങളുടെ ജീവിതം ഇതിലേ പോയി ഇതിലേ പോയി ഇതിലേ പോയി ഒന്നും ചെയ്യാൻ പറ്റണ്ടോ ഒന്നും ജപിക്കാൻ പറ്റണ്ട ധ്യാനിക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് തലയിൽ എഴുത്ത് രാവിലെ എണീറ്റ ഇട്ടിൽ ഇണ്ടാക്കണം കുഴക്കെട്ട ഉണ്ടാക്കണം ആ കുഴക്കെട്ടൊക്കെ ഡൈനാമിക് ആയിട്ട് മാറും അതും ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ കാരണം വെറുത്ത വെറുത്തു വെറുത്ത് ഉണ്ടാക്കിട്ട് അതും കൂടി ഉള്ളിൽ പോയി കഴിയുമ്പോണ്ടല്ലോ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണത് അതെങ്ങനെ കഴിച്ച പോയിട്ട് സമാധാനം ഉണ്ടാവുന്ന പറയും അല്ലേ പ്രിയം അത് ചെയ്യുമ്പോ ആ കർമ്മത്തില് അത് ധർമ്മം അത് ആനന്ദമായിട്ട് നിറവോടുകൂടെ ഭഗവതാരാധനയായിട്ട് ചെയ്യുമ്പോ വിജ്ഞാനേ ർമാണിതനുജ്ഞർ ബ്രഹ്മജ്യേഷ്ഞാനത്തോടു കൂടെ അറിഞ്ഞുകൊണ്ട് ആരാധനയായിട്ട് യോഗമാക്കി മാറ്റിയിട്ട് ആ ഭക്ഷണം കൊടുത്താൽ മതി അനുഭൂതി ഉണ്ടാവും ഈസ്കോൺ പ്രചരിപ്പിച്ച പ്രഭുപാതനുണ്ടല്ലോ അദ്ദേഹം വെസ്റ്റില് പോയിട്ട് എങ്ങനെയാ കൃഷ്ണ കോൺഷ്യസ്നെസ് പ്രചരിപ്പിച്ചാൽ എല്ലാരെയും വിളിക്കും ഫ്രീ ഫുഡ് അവിടെ ഫ്രീ ഫുഡ് കിട്ടുകയില്ല അതെന്താന്ന് വെച്ചാൽ ബംഗാളി സ്വീറ്റ് ഗുലാബ് ജാമുൻ രസഗുള ഒക്കെ അദ്ദേഹം തന്നെ ഉണ്ടാക്കും റൌണ്ട് റൗണ്ടായിട്ട് ഉണ്ടാക്കും ഒരു ഭക്തൻ ചോദിക്കുക സ്വാമി വാട്ട് ഈസ് ദിസ് ദിസ്ഇസ് വൈഷ്ണവ ബുള്ളറ്റ് കാരണം ഇത് കഴിച്ചവൻ അടുത്ത ആഴ്ച ഇവിടെ വരാതിരിക്കുക ചിലർക്ക് ഭഗവാന് വയറിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഹൃദയത്തിലേക്കോ മനസ്സിലേക്കോ ഒന്നും പ്രവേശിക്കില്ല ഭഗവാനെ ചിലരുടെ ഉള്ളിൽ എന്റർ ചെയ്യാൻ വയ്ക്കാൻ ഒരു വഴിയേ ഉള്ളൂ അല്ലേ സപ്താഹത്തിന് ചിലർ പറയും നോക്കൂ സ്വാമി സപ്താഹം വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു തിരക്കും മണിക്ക് ശേഷം ആരെയും അങ്ങനെ വരട്ടെ അതൊന്നും ഇവരെ വരാൻ പാടുള്ളൂ ഇവര് വരാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല കൊടുക്ക ഭക്ഷണം എന്താ ഉള്ളത് എന്ന് വെച്ചാൽ കൊടുക്ക കഴിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോ ചെവിയിൽ വീ ചെവിയിൽ വീണിട്ടില്ലെങ്കിലും ഭക്തിയോടെ അന്നം ഉള്ളില് പോയിട്ടുണ്ടെങ്കില് ചിലപ്പോ പ്രവർത്തിക്കും ഒരു മരുന്നായിട്ട് പ്രവർത്തിക്കും അന്നം തേ അസ്തു ഔഷധം ശ്രുതി തന്നെ പറഞ്ഞത് തത് സർവൗഷധമുച്ചാണ് വലിയ മരുന്നാണ് അന്നം സർവധം ആ അന്നം പ്രിയമായിട്ട് ഉള്ളിൽ പോയാൽ ഹൃദയ വയറ്റിലേക്ക് പോയാൽ ചിലപ്പോൾ പ്രവർത്തിക്കും അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് ശപിച്ചുകൊണ്ട് അടുക്കളപ്പണിയെ നീചമാക്കി ധരിക്കരുത് പഴയ കാലത്തില് വീട്ടില് പൂജാറൂമൊന്നുമില്ല ഇപ്പോഴാണ് നമുക്ക് മെഡിറ്റേഷൻ റൂം പൂജാ റൂമൊക്കെ അടുക്കള തന്നെയാണ് പൂജാ റൂം നമ്മളുടെ റിലീജിയനെ കിച്ചൺ റിലീജിയൻ വിളിക്കും ചിലര് കിച്ചൺ റിലീജിയൻ തന്നെയാ കിച്ചൻ കൃഷ്ണന് വളരെ പ്രിയമായിട്ട് വിളിക്കുമ്പോ കിച്ചൻ വിളിക്കും കിച്ചൺ റിലീജിയൻ തന്നെയാണ് എന്താ അതിലെന്ത് കുറവാ ഭക്ഷണം എന്താ അത്ര നീച്ചാണോ ഭക്ഷണം അന്നം ബ്രഹ്മത്തിന്റെ പൂർവ്വരൂപമാണ് മാനിഫസ്റ്റഡ് ഫോമാണ് ഒന്നും വേണ്ടാത്തവന് അത് സ്വീകരിക്കും ഇപ്പൊ ഗീത പറഞ്ഞു കൊടുത്താൽ എല്ലാവരും സ്വീകരിക്കില്ല ഭക്ഷണം കൊടുത്താൽ വാങ്ങിക്കാം യശക്കുണവന് ഭക്ഷണം കൊടുത്താൽ അത് തന്നെ അവന് ബ്രഹ്മവിദ്യയാണ് ആ ഭക്ഷണം പ്രിയത്തോടെ ഭക്തിയോടെ കൊടുക്കുമ്പോൾ ദീസ് എ സ്പിരിച്വൽ ട്രാൻസ്മിഷൻ ദീക്ഷയാണത് ആരതൻ ഭാഗവതത്തിൽ പറഞ്ഞു സാധുക്കളുടെ കൂടെ നടന്നു മഹാപുരുഷന്മാർ ഭാഗവതം പറഞ്ഞു കഥ പറഞ്ഞു കൂടെ അവർ ചെയ്യണതൊക്കെ കണ്ടു അവര് ധ്യാനിക്കണത് കണ്ടു ജപിക്കണത് കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല ഒരു മഹാപുരുഷൻ ഒരു ദിവസം കുട്ടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു വിളിച്ചു ഭിക്ഷ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങനെ വഴിച്ചെടുത്തു അടിക്കൊഴമ്പ് ആനക്കുട്ടി അതങ്ങനെ വഴിച്ചെടുത്തിട്ട് ആ കൊഴമ്പെടുത്തിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തതും ഉള്ളിലുള്ള മലമാവരണം അങ്ങോട്ട് ഒഴിഞ്ഞു ചിത്തം നിർമ്മലമായി അത്ര ലളിതമാണ് വിവേകാനന്ദ സ്വാമി പറയണു സ്പിരിച്വാലിറ്റി ക്യാൻ ബി ഗിവൺ ആസ് ഐ ക്യാൻ ഗിവ് യു എ ഫ്ലവർ ബട്ട് യു ഷുഡ് ഹാവ് ഇറ്റ് കയ്യിലുണ്ടോ കൊടുക്കാൻ പറ്റും ഒരു പുഷ്പം കൊടുക്കണ പോലെ കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ എന്തൊക്കെ ഉപദേശിച്ചോ ഒന്നും കാര്യമില്ല അപ്പോ നമ്മുടെ വിഷയം വിട്ടു പോവാണ് തത്വമറിഞ്ഞ ആൾക്ക് ഇത് നല്ല കർമ്മം ഇത് ചീത്ത കർമ്മം എനിക്ക് വീണ് കിട്ടിയിരിക്കുന്ന കർമ്മം ശരിയില്ല അയാളുടെ കർമ്മം പോലെ എനിക്ക് കിട്ടണം ഉള്ള ധാരണ അയാൾക്ക് എന്ത് കർമ്മ എന്ന് നദ്വേഷ്ടി അകുശലം കർമ്മം മഹാരാഷ്ട്രത്തിലെ ഭക്തന്മാരുടെ നടുവിൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ചോക്കാമേള അദ്ദേഹത്തിന്റെ പണി എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ പോകുന്ന മലം കഴുകുക തോട്ടി എന്ന് പറയും നമ്മള് മലം കഴുകുന്ന ജോലിയാണ് അദ്ദേഹത്തിന് നാമദേവൻ പണ്ടർപൂരില് നാമസങ്കീർത്തനം ചെയ്യുമ്പോ അവിടെ വന്ന് നർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഒരു വലിയ ആക്സിഡന്റിലാണ് മരിച്ചു പോണത് ആ ബോഡി ട്രേസ് നാമദേവൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബോണെടുത്ത് ചെവിയിൽ വെച്ചാൽ വിട്ടല വി ഭഗവാൻ നാമ അതിനകത്തുണ്ടെന്നാണ് ആ ജോലി ഒന്നൊന്നും ബാധകമേ അല്ല നല്ല ജോലി ചെയ്തു ഇപ്പൊ അമ്പലത്തിൽ പൂജ അല്ലേ എത്ര ആളുകൾക്ക് യോഗ്യതയുണ്ട് അല്ലേ അതിൽ രാമകൃഷ്ണപരമവും ചില പോലെ ആരാധന ചെയ്യണ്ടോ പരമഭക്തന്മാർ ചിലര് ഭഗവാനെ ആരാധിക്കണ പോലെ എല്ലാവരും അമ്പലത്തിൽ പൂജ ചെയ്യുമ്പോൾ ഭക്തി വരണ്ടോ അമ്പലത്തിൽ പൂജ ശ്രേഷ്ഠമാണ് പക്ഷെ അത് ശ്രേഷ്ഠമാണെന്ന് എത്ര പേർക്ക് തോന്നുന്നു നമ്മളുടെ ദേവസ്വത്തിന്റെ കണക്കിൽ തന്നെ അതിലെ ഏറ്റവും ലോവസ്റ്റ് കാഡറാണ് ആ പൂജാരി അമ്പലത്തില് അല്ലേ പറയൂ ബാക്കിയുള്ളവരുടെ ഒക്കെ കഴിഞ്ഞിട്ട് ലോ ബെസ്റ്റാണ് എന്താ തന്നെ അങ്ങനെയാ ഗണിച്ചിരിക്കുന്നത് അപ്പൊ ആ കർമ്മം ഭക്തിയോട് ആരാധനയോട് ഭഗവാനെ ഹൃദയത്തിൽ ആവേശിക്കാൻ കഴിഞ്ഞാൽ ഒരു കർമ്മവും ഉയർന്നതും അല്ലാതെ താഴ്ന്നതും അല്ലാതെ ആക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് പ്രകൃതിയ ചില കർമ്മം നല്ലതും ചില കർമ്മ ചീത്തയും ആണ് നമ്മളുടെ ലോകത്തില് അതിൽ സംശയമില്ല അല്ലേ ചില കർമ്മം കാണുമ്പോൾ നമുക്ക് നീച്ചമായിട്ട് തോന്നും പക്ഷെ അതുപോലും നിങ്ങൾക്ക് യോഗ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധ്യാനം ഉണ്ടെങ്കിൽ മാറ്റിമറിക്കാൻ പറ്റും ഇറ്റ് ഈസ് പോസിബിൾ ഇത് വളരെ അതിനാണ് എക്സ്ട്രീം എക്സാമ്പിൾ ഭഗവാൻ അർജുനനെ യുദ്ധഭൂമിയിൽ നിർത്തിയിട്ടാണ് പറയുന്നത് ഒരിക്കലും പാടില്ലാത്ത ഒരു സ്ഥലത്ത് പാടില്ലാത്ത ഒരു കർമ്മം വളരെ എക്സ്ട്രീം എക്സാമ്പിൾ എന്തിനാണ് ഭഗവാൻ അർജുനനെ യുദ്ധഭൂമിയിൽ നിർത്തി ഉപദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഗഹന കർമ്മോ ഗതിഹി ഭഗവാൻ തന്നെ പറഞ്ഞു ചിലപ്പോ നിങ്ങളുടെ പ്രാരബ്ദം ഉഗ്രപ്രാരബ്ദായിരിക്കും പക്ഷെ അതിലും ഈ ജ്ഞാനം വേല ചെയ്യും ഉഗ്രപ്രാരബ്ദാണെങ്കിൽ പോലും ഇത് പ്രയോജനപ്പെടും അർജുനന്റെ പ്രാരബ്ദം ഉഗ്രപ്രാരബ്ദമാണ് അയാൾ വേണ്ട വെച്ചാൽ ഒന്നും പുറത്തു വരാൻ പറ്റില്ല മറ്റുള്ളവർ സ്തുതിക്കും എന്താണ് സവ്യസാചി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തും പക്ഷെ വിവരം വെച്ച് കഴിയുമ്പോൾ അറിയാം താൻ വെറും കശാപ്പു പണിയാണ് വെറുതെ കൊല്ല വിവരം നമ്മൾ പലതും കാണുന്നത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പം തോന്നും ഇപ്പോ ഈ മഹാഭാരതം സീരിയൽ കാണുമ്പോൾ അഭിമന്യു മരിക്കുമ്പോൾ എല്ലാവർക്കും അറിയും അല്ലെങ്കിൽ ഭീഷ്മർ മരിക്കുമ്പോൾ നമുക്ക് ഒരു ടച്ചിങ് ആയിരിക്കും അല്ലേ പക്ഷെ നമുക്ക് അതിലൊരു സീൻ കാണാം ഇങ്ങനെ വന്ന അമ്പ് വിടും ഒരു ആയിരം പേരിങ്ങനെ ഓടി വരും അവരൊക്കെ മരിച്ചു വീഴും അവർക്കൊന്നും ഇല്ല ഒരു പത്തായിരം പേര് വരും ഒരു അമ്പ് കുറെ അമ്പ് വിടും അവരൊക്കെ മരിച്ചു അല്ലേ അവരുടെ ചോദ്യമേ നമ്മൾ ചോദിക്കണില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിച്ച ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിന് മാത്രമാണ് വില അവർക്കൊരു കുടുംബുണ്ട് അവർ ഇനിയും നിങ്ങൾ സൂക്ഷ്മമായിട്ട് പോയി നോക്കിയാൽ കാലിന്റെ അടിയിൽ അരച്ചിട്ട് കളഞ്ഞിട്ട് പോണ ഉറുമ്പ് അതിന്റെ വൈഫ് വീട്ടില് കാത്തുകൊണ്ടിരിക്കണ്ടാവും ഭർത്താവ് ഒരു മണി അരിയായിട്ട് വരുന്നുണ്ടാവും പറഞ്ഞ് ആര് കണ്ടു എന്തിനാ ചിരിക്കണത് ചിരിക്കുന്നത് തന്നെ ഒരു അഹങ്കാരമാണ് നമ്മളുടെ അവജ്ഞയാണ് അല്ലേ നമ്മൾക്ക് മാത്രമേ വൈഫും ഹസ്ബൻ്റും കുട്ടികളും ഉള്ളൂ എന്നാണ് ആ ഉറുമ്പ് എത്ര സീരിയസ് ആയിട്ടാണ് ഇതും കൊണ്ട് പോണത് നോക്കുന്നുണ്ട് അതിൻ്റെ ജീവിതമാണത് പക്ഷേ പ്രകൃതിക്ക് ഇതൊക്കെ തുല്യമാണ് ജനനവും മരണവും ഒക്കെ തുല്യമാണ് സംഹാരം ചെയ്യേണ്ട സമയത്ത് സംഹാരം ചെയ്യും ഒക്കെ സംഹാരം ചെയ്യണം എന്ന് നിശ്ചയിച്ചാൽ ഒക്കെ സംഹാരം ചെയ്യും അതിലൊന്നും അതിന് കരുണയേ ഇല്ല എന്താന്ന് വെച്ചാൽ സംഹാരം എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമേ അല്ല ചിലപ്പോൾ അതാണ് സമാധാനം പലരും നോക്കുക വയസ്സായിട്ട് മരിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കും മരിക്കാൻ സാധിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കും മരണത്തിന് വിശക്കുന്നവൻ അന്നത്തിനെ എന്ന പോലെ യാചിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നല്ലത് ചീത്ത എന്നൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു നോൺസെൻസാണ് നദ്വേഷ്ടി അകുശലം കർമ്മ കുശലേനാണുഷജ്ജത്തെ കുശലത്തില് നല്ല കർമ്മം കിട്ടിയിരുന്നു എനിക്ക് കണ്ടില്ലേ എത്ര നല്ല കർമ്മം അതിലും ഒട്ടൂല ഓ ശരി ഇത് എന്റെ കർമ്മം അത് കർമ്മം എനിക്കിതാണത് കർമ്മം നിനക്കതാണ് കർമ്മം കുശലേനാണു സജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയ വലിയ വലിയ രാജാക്കന്മാരൊക്കെ പോലും തന്നെ അവരുടെ ഭാവം ഇതെന്റെ ജോലിയാണ് അംബരീഷൻ പറഞ്ഞു വലിയ രാജാവ് സമ്പദ് സമൃദ്ധി അതിന്റെ ഇടയിൽ പറയണു ഇതൊക്കെ സ്വപ്നം പോലെ വെറും സ്വപ്നം മുജുകുന്തൻ പറയണു ഭഗവാന്റെ അടുത്ത് ഞാൻ ആര് വെറും ഒരു രാജാവ് ഒന്നിനും കൊള്ളാത്ത ആളെന്ന് പറയണം സാമന്തന്മാരൊക്കെ വന്ദിച്ച് എന്റെ അഭിമാനത്തിന് ബലം ഞാൻ ഒന്നിനും കൊള്ളാതായിട്ട് പോയി ഭഗവാനെ അതുകൊണ്ട് ഇനിയും തിരിച്ചെന്നെ ആ സിംഹാസനത്തിൽ പിടിച്ച് ഇരുത്തരുത് ഞാൻ എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് കാട്ടിലൊരു ഗുഹയിൽ കിടന്നുറങ്ങാൻ വെക്കണത് നോക്കൂ കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതിനൊരു ദൃഷ്ടാന്താണ് മുച്ചുകുന്ദന്റെ കഥ നിങ്ങളെ കൊണ്ട് ഒരാളെ കൊല്ലിക്കണമെങ്കിൽ നിങ്ങൾ ഉറങ്ങിയാ പോലും രക്ഷയില്ല ദേവന്മാരോട് ചോദിച്ചു എനിക്ക് വരം ദേവന്മാർ എന്ത് വരമാ വേണ്ടത് ചോദിച്ചു മുച്ചുകുന്ദൻ പറഞ്ഞു എനിക്ക് ഒരു വരമം വേണ്ട അതിനെ വിട്ടാ മതി അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങളുടെ തലയിൽ എഴുത്ത് ആരെങ്കിലും കണ്ട എന്തെങ്കിലും കൊടുക്കണം അപ്പോ പറഞ്ഞു ആത്മജ്ഞാനം ഉപദേശിച്ചു തരുമോ അതിപ്പോ ഞങ്ങൾക്കേ അറിയില്ലല്ലോ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നിശ്ചയില്ല ഞങ്ങൾ തന്നെ ഒരു സത്സംഗത്തിൽ പോയി നമ്മളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞ അവിടെ അവിടെ രൂപത്തിൽ വന്ന് ഇരിക്കുമോ അത്ര കേൾക്കാനായിട്ട് ദേവതകള് അത് ഞങ്ങൾക്ക് നിശ്ചയില്ല എന്താ ചെയ്യ രാജാവാക്കിത്തരാം അയ്യോ വേണ്ട വീണ്ടും ഇതേ തലയിലെഴുത്ത് അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഉറങ്ങിക്കൊള്ളാം ഈ അഭിമാനം ഇല്ലാതിരിക്കണത് ഈ ഉറക്കത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഉറങ്ങിക്കൊള്ളാം കാട്ടിൽ ഒരു ഗുഹയിൽ ചെന്ന് ഉറങ്ങിക്കൂടാ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടും നിങ്ങളുടെ ഉറക്കത്തിനെ ആരെങ്കിലും കേടുവരുത്തിയാൽ നിങ്ങൾ എഴുന്നേറ്റ അയാളെ നോക്കിയാൽ അയാൾ ഭസ്മമായിട്ട് പോകുന്നു ഈ വരം ആര് ചോദിച്ചു ഇതാണ് പറയണത് ഒരു നേരെ ചൊവ്വ ഒരു വരം പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർ കൊടുക്കുമ്പോ അതിന്റെ കൂട്ടത്തില് ഈ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ഫ്രീ ഉണ്ടാവുമല്ലോ അതാണ് കുഴപ്പം ചോദിക്കാതെ ചിലത് ആ ഫ്രീ കൊടുത്തു ആ ഈ ഗുഹയിൽ പോയി കിടന്നുറങ്ങി അപ്പൊ കൃഷ്ണൻ കണ്ടു ഇയാളെ അനുഗ്രഹിക്കണം പക്ഷെ എങ്ങനെ അനുഗ്രഹിക്കും മുമ്പ് പോയി നിൽക്കാൻ പറ്റില്ല അപ്പോഴാണ് ഈ കാലയവനൻ ഒരാൾ വെളിച്ചപ്പാട് ഇളകിയിട്ട് ഗ്രീക്ക് ദേശത്തുനിന്ന് പുറപ്പെട്ടു വന്നു കൃഷ്ണന്റെ അടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് ആ കാലയവനനെ ഓടിച്ചും കൊണ്ടുപോയി ഭഗവാൻ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി ഇയാൾ ഗുഹയിൽ പോയി മഞ്ഞ വസ്ത്രം പൊതിച്ചു കിടക്കണം മുജുകുന്ദനെ ചവിട്ടി കണ്ണു തുറന്ന് ആരാണെന്ന് നോക്കിയപ്പോ ഗുഡ് മോർണിംഗ് എലക്ട്രിക്യൂഷൻ കഴിഞ്ഞു അടുത്ത ക്ഷണം ആളില്ല അപ്പൊ നോക്കണു ഗുഹയൊക്കെ തേജോമയമായി ജ്യോതിർമരമായിട്ട് നോക്കണു ഭഗവാൻ മുമ്പിൽ എടുക്കണു ആരാണ് കോരി അവിടെ നിന്ന് ആരാണോ എനിക്ക് ചോദിച്ചു ഭഗവത്ഗീത പോയി ഭാഗവതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഒന്നും സാറല്ലേ അന്നപ്പോ എന്തായാലും എന്താ പോലെ അപ്പോ ഭഗവാൻ ചോദിച്ചു ആരാണ് അങ്ങനെ ഭഗവാൻ ആത്മോപദേശം ചെയ്യാണ് നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം നിരഞ്ജനം നിർഗുണം അദ്വയം ഞപ്തിമാത്രം അവബോധരസസ്വരൂപമായ ആത്മാവായ അങ്ങയെ ഞാൻ വരിക്കണോന്നു അത് അനുഗ്രഹിച്ചു ഇതൊക്കെ മുചുകുന്തോ